അവർ പറഞ്ഞു ഞങ്ങളുടെ പിതാവയെ ഞങ്ങൾ പരസ്പരം മത്സരിക്കാൻ പോയപ്പോൾ യൂസഫിനെ ഞങ്ങളുടെ സാധനങ്ങളുടെ അടുക്കൽ വിട്ടു അപ്പോൾ ചെന്നായ അദ്ദേഹത്തെ ഭക്ഷിച്ചു ഞങ്ങൾ സത്യം പറയുകയാണെങ്കിൽ നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കില്ല